ദേശിയ നാടക പരിപാടി ഡോക്ടർ ഉപേന്ദ്രനാഥ് റയ്നയുടെ കവിതകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നാടകം രചന യോഗേഷ് ത്രിപാഠി ഡോക്ടർ ഉപേന്ദ്രനാഥ് റെയ്നയുടെ കവിതത്തിന്റെ വികാരങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടാണ് ഈ നാടകം എഴുതപ്പെട്ടിരിക്കുന്നത് അനുഭവിച്ച യാഥാർത്ഥ്യം പരിഹരിക്കപ്പെടാതെ വരുമ്പോൾ മാത്രമാണ് വേദന സംരക്ഷിക്കപ്പെടുകയും അതോടൊപ്പം സൂക്ഷിക്കുകയും ചെയ്യുന്നത് ഡോക്ടർ റെയ്ന കാശ്മീരി പണ്ഡിതനാണ് നാടുകടത്തലിന്റെയും കൂട്ടക്കൊലയുടെയും നോവ് അദ്ദേഹത്തിന്റെ കവിതകളിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രതിഫലിക്കുന്നു അദ്ദേഹത്തിന്റെ കവിതകളുടെ ഈ നാടകം നിമിഷങ്ങളും സമയവും കുടുംബവും ചുറ്റുപാടുകളുമുള്ള ഒരു ശബ്ദം നൽകുന്നവർ വേണു കണിയാരേത്ത് അജിത് കുമാർ വിനുരാജ് ആറ്റിങ്ങൽ ശ്യാം സന്ധ്യാലയം अनिश पी नायर, बिजु कलुवाक सौदाम विजि रंजित विजयलक्ष्मी रम्य रामकुमार, देवी. राशिद मलयालपरिभाष डॉक्टर सुधा सदिधान विणिकृष्ण പോപ്പുലർ നിരകളുടെ കാശ്മീർ താഴ്വരയുടെ മനസ്സിലും ചിന്തകളിലും ആത്മാവിലും ഏൽക്കുന്ന മുറിവുകൾ അതിന്റെ വേദനയുടെ സാക്ഷിയാണ് ഈ നാടകം യഥാർത്ഥത്തിൽ വേദനകളുടെ ഭൂതകാലത്തിന്റെ ചരിത്രമാണ് പ്രമുഖ നാടകകൃത്ത് യോഗേഷ് ത്രിപാഠിയുടെ ഈ നാടകം നമുക്ക് കേൾക്കാം ചിനാർ സാക്ഷിയാണ് ഹ അക്ബരൂ അക്ബര അഹു അക്ബര ായിരത്തി എൺപത്തിയൊൻപതിനും രണ്ടായിരത്തി മൂന്നിനുമിടയിൽ താഴ്വരയിൽ നടന്ന കൊലപാതകം ബലാത്സംഗം അക്രമം എന്നിവയുടെ തെരഞ്ഞെടുത്ത ഡോക്യുമെന്റഡ് കേസുകളെ ഒരു റിപ്പോർട്ട് സെവൻ എക്സോഴ്സ് ആന്റ് ദി എഥനിക് ക്ലിനിക് ഓഫ് കശ്മീരി ഹിന്ദുവിൽ അടിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി നടക്കേണ്ടിയിരുന്ന പലായനത്തിന്റെ തുടക്കം തന്നെ നടന്നുകഴിഞ്ഞിരുന്നു സെപ്റ്റംബർ ജമ്മുകാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കരിദിനമാണ് സുപ്രസിദ്ധ കശ്മീരി പണ്ഡിതനും സാമൂഹിക പ്രവർത്തകനും അഡ്വക്കേറ്റുമായ പണ്ഡിറ്റ് ടിക്കാലാൽ ടബലു ശ്രീനഗറിലെ ഹബാ സ്വന്തം വീട്ടിൽ വെച്ച് വെടിയേറ്റ് കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് മാർച്ച് പതിനാലിന് ജമ്മുകശ്മീരിലെ നവാഗ്രി ചതുരയിൽ നിന്നുള്ള പ്രഭാവതി കൊല്ലപ്പെട്ടതോടെയാണ് കൊലപാതകങ്ങളുടെ ഈ ശൃംഖല ആരംഭിച്ചത് എൺപത്തിനം ആരംഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി പത്തൊൻപതിന് കാശ്മീരി പണ്ഡിതന്മാരെ ഫിറുകളായി പ്രഖ്യാപിച്ചിരുന്നു ദലഹ് സന്യാറിലെ നാൽപ്പത്തിയേഴുകാരിയായ ഷീന കൌൾ ടിക്കുവിനെ നെഞ്ചിലും തലയിലും നിറയൊഴിച്ചു കൊലപ്പെടുത്തി ആയിരത്തി നവംബർ നാല് ജഡ്ജി നീലകണ്ഠ ഗംജു ഡിസംബർ ഒന്ന് അജയ് കപൂർ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഡിസംബർ അനന്ത്നാഗിലെ അൻപത്തിയേഴുകാരനായ അഡ്വക്കേറ്റ് പ്രേംനാം ഭട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി ഇരുപത്തിയഞ്ചിന് എം എൽ ഭാൻ കൊല്ലപ്പെട്ടു ഫെബ്രുവരി ഒന്നിന് സ്ക്വാഡ്രൺ നേതാവായ രവി ഖന്നയും അദ്ദേഹത്തിന്റെ മൂന്ന് അനുയായികളും വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു ഗോപാൽ ബൈർവയും രമേഷ് കുമാർ ധൂസുവും വെടിയേറ്റു മരിച്ചു സതീഷ് കുമാർ ടിക്കു ആയിരത്തി ഫെബ്രുവരി പതിമൂന്നിന് വെടിയേറ്റു മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി ദൂരദർശൻ ഡയറക്ടറായ ലാസ കൌൾ കൊല അനിൽ കൊലപാതകം നവീൻ സാപ്രൂ ആയിരത്തി മാർച്ചിൽ കൊല്ലപ്പെട്ടു ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിലെ പി എൻ ഹാൻഡു കൊല്ലപ്പെട്ടു ബഡ്ഗാമിലെ തേജ് കൃഷ്ണയെ വിപ്ലവകാരികൾ കഴുമരത്തിലേറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് പതിനെട്ടിന് യിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ പത്തിന് എ കെ റെയ്ന കൊല്ലപ്പെട്ടു ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് എച്ച് എം ടിയുടെ ജനറൽ മാനേജർ എച്ച് എൽ ഖേര കൊല്ലപ്പെട്ടത് ഏപ്രിൽ പത്തൊൻപതിന് മറക്കാൻ തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത് പക്ഷേ വേദനയിലൂടെ കടന്നുപോയ ആ നിമിഷങ്ങൾ അനുഭവങ്ങൾ മറക്കുന്നത് അത്ര എളുപ്പമല്ല اللہ اکبر اللہ اکبر اللہ اکبر اللہ اکبر اشھد ان لا الہ الا اللہ കാന്താ കാന്താ വിദാസ്താ എല്ലാവരും ഇത് എവിടെ പോയി അമ്മേ എവിടെയാ നിങ്ങൾ അമ്മേ എവിടെയാ ഇത് എവിടെയാ അമ്മ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് എന്തെടുക്ക അമ്മ എന്താ ആലോചിക്കുന്നേലാ എനിക്ക് നിന്റെ അച്ഛൻ വിളിക്കുന്നതുപോലെ തോന്നി മോനെ എന്റെ പേരെടുത്ത് അമ്മേ എഴുന്നേക്കോ വരൂ ഇന്ന് അച്ഛന്റെ ശ്രാദ്ധ അല്ലേ അതുകൊണ്ട് അമ്മ ഒത്തിരി ചിന്തിച്ചു കൂട്ടുന്നുണ്ടാവും എനിക്കറിയാം അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ല അതാ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്തെന്നും എനിക്കറിയാം എന്താ എന്താ അമ്മ അദ്ദേഹം ആഗ്രഹിക്കുന്നത് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി പോകാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന് സ്വന്തം വീട്ടിലെത്തിയാലേ ശാന്തി ലഭിക്കൂ അമ്മേ നമ്മൾ എപ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് പോവാ എപ്പോഴാ പോകുന്നമ്മേ എനിക്ക് അവിടെ നമ്മുടെ വീട്ടിൽ കിടന്ന് മരിക്കണം എന്തൊക്കെയായാലും ഏതവസ്ഥ ഞാൻ അവിടെ തന്നെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു എന്റെ മുട്ടം എങ്ങനെയായിരിക്കും എന്റെ തുളസി എന്നേ ഉണുങ്ങിപ്പോയിട്ടുണ്ടാവും തെരുവിന്റെ ആ വളവിലുണ്ടായിരുന്ന ശിവഭഗവാന്റെ അമ്പലം ഇപ്പോഴും ഉണ്ടാകുമോ അവിടെ മനേ എനിക്ക് മണം വേണം ആ മണം വേണം പറ നമ്മൾ എപ്പോഴും പോകും നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ വീട്ടിൽ പോകുമെന്ന് അമ്മ ചോദിക്കുന്നു നീലാംബര എന്തു പറയും അവരുടെ ബസ് പോകുന്നുണ്ടെങ്കിൽ അത് അമ്മയെ പെട്ടെന്ന് കൊണ്ടുപോയിക്കോളും ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവർക്ക് മറുപടിയൊന്നും ഉണ്ടാകില്ല ഈ സന്ദർഭത്തിൽ ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം ശ്വേതാംബരൻ പ്രതിരൂപമാണവൻ്റെ നീലാംബരൻ്റെ പ്രതീകം എനിക്ക് വേറിട്ട ശരീരമല്ല അവൻ്റെ ഉള്ളിൽ തന്നെ ഞാനുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ അവനുമുണ്ട് അവൻ എത്ര വാചാലനാണോ അത്രയുമുണ്ട് ഞാനും പക്ഷേ എനിക്ക് തോന്നുന്നതൊക്കെയും അവൻ പറയും അത് മറ്റൊന്നും കൊണ്ടല്ല അവൻ കാണാത്ത പലതും ഞാൻ കണ്ടിട്ടുണ്ട് അതെ ഞാൻ കണ്ടിട്ടുണ്ട് പതിറ്റാണ്ടുകളായി കണ്ടിരിക്കുന്ന സങ്കടവും സന്തോഷവും എനിക്കറിയാം സുഖവും ദുഃഖവും കണ്ടവർക്കൊക്കെ അത് തടയാനും അറിയാം അതെ ഞാൻ ശ്വേതാംബരൻ നീലാംബരാ നീ എവിടെ മറിഞ്ഞു നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞല്ലോ അത് നീ കേട്ടോ ആ അമ്മേ അത് അതമ്മേ പിന്നെ നീലാംബരാ നീലാംബരാ നിൽക്കൂ വാക്കുകൾ തിരയണ്ട നിലാംബര അമ്മ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഊഹാപോഹങ്ങളിൽ നിന്ന് പുറത്തു വരൂ ഇതിനുള്ള ഉത്തരം ഞാൻ പറയേണ്ടി വരും അമ്മേ അമ്മേ പറയൂന്നെ അമ്മ എവിടെ പോകാനാണ് ആഗ്രഹിക്കുന്നത് എത്ര നാളായി ഞാൻ പറയുന്നു സ്വന്തം വീട്ടിലേക്ക് മടങ്ങി പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഏത് വീട്ടിലമ്മേ നമ്മുടെ പൂർവികർ താമസിച്ചിരുന്ന നമ്മൾ താമസിച്ചിരുന്ന അതേ വീട് നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകൾ ചിതറിക്കെടുക്കുന്ന അതേ വീട് ആ ദിവസം ആ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ നിങ്ങളെയും മടിത്തെട്ടിൽ ഒളിപ്പിച്ച് ഓടിയത് ആ വീട് ആ വീട് അമ്മേ ആ വീട് വിട്ടിറങ്ങിയത് എപ്പോഴായിരുന്നു നാളിതുവരെ ആ വീടിന്റെ മേൽ ധാരാളം തട്ടുകൾ കയറിയിട്ടുണ്ടാവാം അറിയില്ല ആ വീടെവിടെയാണിന്ന് ഏത് പാതയിലാണ് ആ വീട് ജൻപത്തിലോ അതോ രാജ്പഥിലോ പക്ഷെ എനിക്ക് പോലും അതറിയില്ലേ അറിയില്ല ഹാ അമ്മേ എനിക്കറിയില്ല അമ്മേ പക്ഷെ ഒന്നറിയാം വീട് വിട്ടിറങ്ങുമ്പോൾ അല്പം തീ എടുക്കാൻ മറന്നു അതെ തീ ഇപ്പോൾ അണഞ്ഞിട്ടുണ്ടാവില്ല വെറുപ്പിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചേക്കാം പക്ഷെ നൂറ്റാണ്ടുകളായി സംസ്കാരത്തിന്റെ തിരിനാളം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മധ്യത്തിൽ തെളിയിക്കപ്പെട്ട ആ ദീപം ആ ദീപം അത് പാടില്ല ഇപ്പോൾ അത് നമ്മളെ മാടി വിളിക്കുകയാണ് എന്നാൽ പിന്നെ എന്നാൽ പിന്നെ പോകണം നമുക്ക് പോകണം നമ്മൾ ഒരുപക്ഷെ ഇതിനു വേണ്ടിയാകും ജീവിക്കുന്നത് ഈ പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത് അമ്മ അവിടെ ഒരു നദിയും ഉപേക്ഷിച്ചാണ് നമ്മൾ വന്നത് ഇപ്പോൾ അതെങ്ങനെ ഒഴുകുന്നുണ്ടാകും നമ്മുടെ വേർപാടെങ്ങനെ സഹിക്കുന്നുണ്ടാകും ആ നദിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത നഷ്ടബോധം തോന്നുന്നു അതിപ്പോൾ ഉണങ്ങിപ്പോയിട്ടുണ്ടാവും മോനെ ഇല്ലമ്മേ അതെങ്ങനെ ഉണങ്ങും ഞാൻ അനുവദിക്കില്ല എന്റെ കണ്ണുനീരുകൊണ്ട് അതിൻ്റെ ഉള്ളറകൾ ഞാൻ നിറയ്ക്കും നിറച്ചുകൊണ്ടേയിരിക്കും അമ്മയുടെ ഉള്ളം കൊണ്ട് ആ നദി നിറച്ചുകൊണ്ടേയിരിക്കണം ഞാനും അതിനെ ഉപേക്ഷിച്ച് കടന്നു വന്ന നമ്മൾ ഓരോരുത്തരും ആ നദിയുഗങ്ങളോളം ഒഴുകുന്നത് നമുക്ക് കാണണം അത് ഒഴുകുന്നിടത്തോളം മുഴങ്ങുന്ന ശംഖനാദം കേട്ടുകൊണ്ടേയിരിക്കും മന്ത്രങ്ങളുടെ അലുവലി കേട്ടുകൊണ്ടേയിരിക്കും പുരസ്ത്രീ വിനിദ്ര പുരസ്തുഭ്രജാരദസ്രം മതം ബേ നദി എൻ്റെ ഉള്ളിൽ നീ സഞ്ചരിക്കാൻ തുടങ്ങിയെന്ന് എങ്ങനെ ഉറപ്പിച്ചു എൻ്റെ മൗനത്തിൻ്റെ അർത്ഥം എൻ്റെ ഉള്ളിലെ യാത്രയായി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഈ യാത്ര എവിടെ അവസാനിക്കുമെന്നും ഞാൻ എവിടെ തുടങ്ങുമെന്നും നിങ്ങൾക്ക് തീർച്ചയായും പറയാൻ കഴിയും പറയൂ നീ എൻ്റെ അടുത്ത് വന്നപ്പോഴെല്ലാം ഞാൻ അബോധനായിരുന്നു നിശബ്ദം ഞാൻ മൗനമായിരുന്നു വെള്ളവെരിപ്പിൽ ഇനിയൊരു പൂജയും കാണുന്നില്ല സ്വന്തം കാൽപ്പാടുകളിൽ അത് സ്വയം ഒതുങ്ങിയതായി തോന്നുന്നു നിരന്തരം മരങ്ങൾ വളർന്നു വരികയും പക്ഷികൾ കൂടുതിരയുന്നതുമായ തരത്തിൽ എന്തോ സംഭവിച്ചു നിൻ്റെ വീട് എങ്ങനെയായിരുന്നു എന്ന് നിനക്ക് ഓർമ്മ പോലും കാണില്ല നഷ്ടപ്പെടലിൻ്റെ വേദനയൊന്നും നിനക്കൊരുപക്ഷെ ഉണ്ടായില്ല നഷ്ടപ്പെട്ടത് നമുക്ക് വീട് മാത്രമായിരുന്നില്ല ആ മണവും മണ്ണിൻ്റെ മണവും വീട് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയോ ആ അനുഭൂതി പ്പെടുത്തുന്നതാണ് കേൾക്കുന്നുണ്ടോ നീ നിന്റെ നിന്റെ അച്ഛൻ മൂളുന്നുണ്ട് ഞാൻ കേൾക്കുന്നു അച്ഛൻ വെൽവറ്റ് പോലുള്ള മഞ്ഞൻ പുതപ്പ് നെയ്ത്തുകാരൻ വന്ന് നെയ്ത് പോയി അതിൻ്റേതാണ് ഊടും പിന്നെ ആ ആരോ വന്നു ആ സ്വർഗം മെനഞ്ഞു അതിൻ്റെ സാരമാണ് ഈ ശാരദാപീഠം മനസ്സിന്റെ മുറ്റവും പരിശുദ്ധമായപ്പോൾ മുനിവര്യന്മാരിൽ വന്നങ്ങലിഞ്ഞുപോയി ഓരോ കണികയിലും പിന്നെ ഉൾപൂവിലും വസിക്കുന്നിപ്പോഴും ലലയോഗിനി നനവാർന്ന മനസ്സിൻ ഈ തടാകത്തിൽ വന്നു വന്നുവിടർന്നൊരഷ്ടം റോസാപ്പൂവിൻ നിറവും നൈർമല്യവും കുങ്കുമപ്പൂവിൻ തോട്ടം പോലെ മണം പരത്തിയോരോ ജീവിതോദ്യാനത്തിൻ സുഗന്ധമായിത്തന്നെ നിറഞ്ഞു നിന്നു ശ്വേതാംബരൻ ഇതൊക്കെ എന്താണ് എന്തുപറ്റി വായു വിഷലിപ്തമായതെങ്ങനെ പെട്ടെന്ന് കാലാവസ്ഥ എന്തുകൊണ്ട് മാറി പോപ്പ്ലർ നീ എങ്ങനെ ഇത്രയും ചുവന്നു ഞങ്ങൾ വീടുകളിൽ നിന്നിറങ്ങി വളരെ അകലെ അതെ വളരെ അകലെ എത്തി നടക്കേണ്ടി വന്നു ആകാശം മാത്രമല്ല കൊടികളുടെ നിറവും മാറി പരിചയമില്ലാത്ത പരുക്കൻ ശബ്ദങ്ങൾ മുഴങ്ങാൻ തുടങ്ങി നടത്തത്തിനിടയിൽ ഓടാൻ തുടങ്ങി അങ്ങനെ ഓടിയും നടന്നും ഇത്രയും ദൂരം തിരികെ വീട്ടിലെത്താൻ മറന്നുപോകും വിധം എല്ലാ നടപ്പാതകളും വഴികളും മറന്നുപോയി എന്റെ പോപ്പ്ലർ മാത്രം അവശേഷിക്കുന്നു അതെ പിന്നിൽ അവശേഷിക്കുന്നു അതേ കാന്താ ഇന്ന് കുറച്ചു നേരത്തെ വന്നു നിങ്ങൾ രണ്ടാൾ എവിടെയോ പോയിരുന്നത് പോലെ തോന്നുന്നു എന്റെ പ്രിയമുള്ള അമ്പലത്തിൽ പോകുന്നത് ഇഷ്ടമായോ അതെ കുറിച്ച് ചോദിച്ചിരുന്നു നീലാംബരൻ എന്താ കൂടാ വരാത്തത് എന്നാണ് അവർ ചോദിച്ചത് പിന്നെ മമ്മി പറഞ്ഞു അവർ ഇപ്പോൾ ഓഫീസിൽ നിന്നും മടങ്ങിയില്ല പിന്നെ പൂജാരി വിദാസ്തയുടെ നെറ്റിയിൽ കുരിച്ചു വരച്ചോ നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിന്റെ നെറ്റി പറയുന്നു അയ്യോ പപ്പ ഞാൻ മറന്നുപോയി ഇന്ന് ഒന്നാം തീയതി അല്ലേ ശമ്പളം കിട്ടിയോ വിതാസ്ത പപ്പ ക്ഷീണിച്ചു വന്നതല്ലേ വിശ്രമിക്കട്ടെ ഇല്ല അവളെ പറയാൻ അനുവദിക്കൂ മോളെ എന്താ അച്ഛന് ശമ്പളം കിട്ടിയോ ഇല്ലയോ എന്ന് ചോദിച്ചത് അതെയോ മമ്മി പറഞ്ഞിരുന്നു പപ്പയ്ക്ക് ശമ്പളം കിട്ടുമ്പോ സ്കൂൾ ഫീസ് അടയ്ക്കാമെന്ന് ഞാൻ ശ്വേതാംബരൻ മണ്ണാൽ തകർന്ന മനുഷ്യൻ നിറം മങ്ങിയ തകർന്ന സ്വപ്നങ്ങളുള്ള ഭയാനകമായി മങ്ങിയ പക്ഷേ ഇത് അനുഭവിച്ചറിയുക കുട്ടിക്കളിയല്ല കരയേണ്ടതായും പിഴിയേണ്ടതായും വരും നിലവിളിക്കേണ്ടതായി വീട്ടിൽ നിന്ന് ഇറക്കി വേദന അനുഭവിക്കേണ്ടതായി കടലാസു കൊട്ടാരത്തിലിരുന്ന് ചാൻ ചീട്ടുകൾ എണ്ണുകയാണ് ഓരോ ചീട്ടിലും ചാൻ നാളെ എന്നെഴുതുകയാണ് സമയത്തെ ഉള്ളങ്കിൽ ഒതുക്കിക്കൊണ്ട് എൻ്റെ വീട് മറ്റുള്ളവർക്കായി നൽകുന്നു ബഹുവർണ്ണങ്ങൾ ആ കടലാസുകൊട്ടാലത്തിൻ്റെ ചുവരുകൾ കർപ്പിക്കുന്നു യാത്രാ സംഘങ്ങളെ കാണാനും ഈ കൈകൾ കൊണ്ട് ആകാശം തുടാനും ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഒരു കടലാസുകൊട്ടാരത്തിൽ കഴിഞ്ഞുകൊണ്ട് ഒരു ജീവിതകാലം മുഴുവൻ കഴിയാൻ പഠിക്കുന്ന പരിശ്രമത്തിനൊടുവിൽ ഉണർന്നിരിക്കുക പകൽ മുഴുവൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് വൈകുന്നേരം കൂട്ടിയിണക്കാനുള്ള പോരാട്ടത്തിൽ മുഴുവൻ ജീവിതം നയിക്കാൻ പഠിക്കുമ്പോൾ ഓരോ നിമിഷവും പിന്നിടുമ്പോൾ കാലുമാറ്റുന്നത് അനിവാര്യമാണ് എന്റെ ഡയറി എവിടെ ഡയറിയോ ഏത് ഡയറി ഞാൻ ആ കവിത എഴുതിയ ഡയറി അത് നിങ്ങളുടെ കയ്യിലല്ലേ എപ്പോഴും കാണുന്നത് നിങ്ങൾ തന്നെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് കാണും കിട്ടി ആ നീ ഇനി ഉറങ്ങുറങ്ങണം കാന്ത ഇന്ന് എന്റെ കവിത നിന്നെ കരയിക്കില്ല എനിക്കറിയാം നഗരം മുഴുവൻ വേദനജനകമായ കഥകൾ കേട്ടുകൊണ്ട് തങ്ങളെ തന്നെ മറന്നിരിക്കുന്നു എനിക്ക് എന്തുകൊണ്ട് ഈ സത്യം മനസ്സിലാക്കിക്കൂടാ ആളുകൾ പട്ടിക്ക് മഞ്ഞച്ചോറ് കൊടുക്കുന്നത് പോലെ എൻ്റെ കവിത ആളുകളിൽ കുത്തി നിറയ്ക്കപ്പെടുന്നു എൻ്റെ രോഗിയായ പട്ടി ആരെങ്കിലും കടിച്ചു എൻ്റെ ഡയറി പോലെ കവിത പോലെ അത് പരക്കും ഈ നഗരത്തിൻ്റെ ചരിത്രത്തിൽ സാക്ഷിയാകുന്നത് രോഗിയായി എൻ്റെ പട്ടിയായിരിക്കും ഇന്നലെ എൻ്റെ പട്ടി കരയുന്നത് ഞാൻ കണ്ടു എൻ്റെ കവിതയുടെ തെളിവാണിത് ഞാൻ മുൻപ് തന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ ഞാൻ പറയുന്നതെല്ലാം സത്യമാകുമെന്ന് സത്യമല്ലാതെ എന്തുണ്ടായാലും അതിൻ്റെ കവിതയല്ല എന്നിട്ടും ആളുകളെപ്പോഴും ഈ വാക്ക് രോഗിയായി എന്റെ നായയെ തീറ്റിക്കുമായിരുന്നു നിങ്ങളുടെ യജമാനൻ വെറുമൊരു കവിയാണ് വാതിലുകളും ജനലുകളും അടച്ച് അവനെ അനുസരിക്കാൻ വിസമ്മതിക്കുക നീലാംബരാ നീ എന്താണ് പിറവെറുക്കുന്നത് കാന്ത ഉറങ്ങി ആ കാന്ത ഉറങ്ങിയോ ആ പകൽ മുഴുവൻ പണിയെടുക്കുന്നതല്ലേ ക്ഷണിക്കും അന്നോടൊന്നുള്ള ജീവിതം തന്നെയാണ് അവൾക്ക് അവൾ ഉറങ്ങിക്കോട്ടെ ആ അതെ അതെ അവൾ ഉറങ്ങിക്കോട്ടെ പോപ്പ്ളർ മരം പോലും ചിലപ്പോൾ അവളെ തിരിച്ചറിയുന്നില്ല എന്നോട് പറയൂ ശ്വേതാംബരനോട് പറയൂ ആരെയും കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ പറയാറില്ല അറിയാം ആർക്കെങ്കിലും വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടി സ്വയം കേൾപ്പിക്കാമോ ആ അതൊന്നു പറയൂ ഇല്ല നിങ്ങൾ ആരാ എന്നെ മനസ്സിലായില്ല ഞാൻ ശ്വേതാംബരൻ സ്വന്തം പ്രതിബിംബം തിരിച്ചറിയില്ലേ പ്രതിബിംബം പ്രതിബിംബം കണ്ണാടിയിലല്ലേ കാണാൻ കഴിയൂ കാര്യം ശരിയാ അങ്ങനെ ഇപ്പോ പ്രതിബിംബം ആവശ്യമില്ലല്ലോ നീലാംബര ഇപ്പോൾ ആ കണ്ണാടി പൊട്ടിച്ചെറിയൂ എന്തിന് അതെന്തെന്നോ നമ്മൾ സ്വന്തം ഔന്നത്യത്തെക്കാൾ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നിനക്കറിയാമോ നിന്റെ അടുത്തുള്ള ചിനാർ മരത്തിന്റെ ഭംഗിയും സുഗന്ധവും നിനക്കുണ്ടെന്ന് അതിലുപരി നിങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന ചിനാറിന്റെ ശിഖരങ്ങളില്ലേ അത് എന്റെ വീടു വരെ എത്തിയിരിക്കുന്നു അതിന്റെ പിടിയിൽ ഞാൻ മാത്രമല്ല നഗരം മുഴുവനും എത്തിക്കഴിഞ്ഞു ദിവസവും അതിൻ്റെ ഒപ്പം നിൽക്കാനും കഴിയും നിനക്കറിയാമല്ലോ സംശയമില്ല എന്തെന്നാൽ എന്നെക്കാളൊക്കെ വളരെ ഉയരത്തിലാണ് ചിനാർ അതായത് നിന്റെ പോപ്പുളർ മരം നമ്മൾ തമ്മിലുള്ള വ്യത്യാസവും ഇതുതന്നെയാണ് നീലാംബര നീ പറഞ്ഞത് സത്യമാണ് നമ്മൾ തമ്മിലുള്ള അന്തരം ഇത്ര മാത്രമാണ് നല്ല വെയിലുള്ള സമയത്ത് ടെറസിന്റെ ചരിവിലിരിക്കാനോ തുറന്ന മൈതാനത്തിൽ ചെടിക്ക് നനയ്ക്കാനോ വരാൻ കഴിയില്ല കാരണം നിങ്ങളുടെ പൂർവികർ നട്ടുപിടിപ്പിച്ച ഈ മരം വിഷം പോലെ എനിക്കും എന്റെ മക്കൾക്കും നിഴൽ വീഴ്ത്തി വസന്തം വന്നിരിക്കുന്നു എന്നുള്ള അഭ്യൂഹം ഇത്തവണ സത്യമായിരിക്കുന്നു പക്ഷേ സീസൺ നിങ്ങളുടെ ചിനാർ ഇന്ന് ചുവപ്പായി മാറിയിരിക്കുന്നു എന്റെ ശരീരത്തിലൂടെ ഇതിന്റെ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് കൊണ്ടാണോ കണ്ണുകൾ ചുമന്നിരിക്കുന്നത് അല്ല ആളുകളിൽ ഇന്ന് ഇങ്ങനെ സംശയം ഉണ്ടായിരിക്കുന്നു നിങ്ങളുടെ ചിനാർ നരഭൂജിയാണ് മനുഷ്യഭക്ഷകനാണ് ഇടവേളയ്ക്ക് ശേഷം ഞാൻ മടങ്ങിയെത്തിയപ്പോൾ ജനാലയുടെ കട്ടൺ നീക്കപ്പെട്ടിരിക്കുന്നു ജനാലയിൽ തൂങ്ങിക്കടന്നിരുന്ന കട്ടൺ മാറ്റപ്പെട്ടിരുന്നു എന്റെ മുറയുടെ ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന ൂർത്ത ചിത്രങ്ങൾ മറിച്ചിട്ടിരിക്കുന്നു ഇന്ന് ഇന്നെന്റെ കാലുകൾ മടഞ്ഞു വരുവാൻ വിസമ്മതിക്കുന്നതുപോലെ തോന്നി മുറിയിലേക്ക് നോക്കുമ്പോൾ എന്റെ കാലുകൾ വിരയ്ക്കുന്നത് മാത്രമേ എനിക്ക് അനുഭവപ്പെടുന്നുള്ളൂ ചുവരുകൾ എപ്പോൾ വികസിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ എന്നിട്ടും വെയിലേൽക്കാനായി കൈകൾ പുറത്തേക്ക് തൂക്കിയിട്ടിരിക്കുന്നു എന്തിനെന്നു കയ്യും കാലും മറ്റൊരു സ്പർശനത്തിനായി ുംറിയാം ഭക്ഷണം അന്നൊക്കെ ഇരുട്ടിൽ എനിക്ക് അമ്മ ഭക്ഷണം തന്നിരുന്നു ഓരോ തവണയും ഞാൻ നിശബ്ദമായി കണ്ണുകൾ കൊണ്ട് ഇരുട്ട് നെയ്തു പോന്നു ഇരുട്ടിൽ അമ്മയുടെ മടുത്തട്ടിലിരുന്ന് പൊട്ടിച്ചിരിക്കുന്നത് ഒരുപക്ഷെ എന്റെ ശീലമോ അതല്ലെങ്കിൽ അമ്മയുടെ നിവൃത്തികേടോ ആകാം എന്തായിരുന്നാലും അതെന്റെ തലവിധിയുടെ ഭാഗമായി കഴിഞ്ഞിരുന്നു ഞാൻ ശ്വേതാംബരനാണ് സ്വന്തം വീട്ടിൽ നിന്നും സ്വന്തം മണ്ണിൽ നിന്നും ഞാൻ പുറത്താക്കപ്പെട്ടു ചെടിച്ചട്ടിയിൽ നിന്ന് പിഴുതെറിയപ്പെട്ട ഒരു നല്ല ചെടിയെ നിങ്ങൾ മറിച്ച് നോക്കിയിട്ടുണ്ടോ ഒരുപക്ഷേ നോക്കിയിട്ടുണ്ടാകാം അതിൻ്റെ വേദന അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല അതേ വേദനയുടെ കഥയാണ് ഞാൻ താമസിക്കുന്ന പട്ടണവും വിചിത്രമാണ് വിചിത്രം വിചിത്രം തന്നെയാണ് പ്പോൾ തീർത്തും ആശ്വസിക്കുന്നു നിങ്ങൾ ഒരു വിശാല വൃക്ഷമാണ് ഒരു നീണ്ട നിരയാണ് സ്വന്തം ചരിത്രത്തിനൊരു പരമ്പരയുണ്ട് നിലാംബര നിങ്ങൾ എന്ത് വിചിത്രനായി മനുഷ്യനാണ് ഏറ്റവും സാധാരണക്കാരനും നല്ല പരിചയക്കാരനും അവസാനം നിങ്ങളുടെ എല്ലാ സ്വപ്നവും സത്യമായി തീർന്നു ഞാൻ എല്ലായ്പ്പോഴും ഈ മരത്തിനെ സ്വന്തം വീടായി കണ്ടു ദൂരെ വ്യാപിച്ചു കിടക്കുന്ന കൊമ്പുകൾക്കെല്ലാം സ്വന്തം ജീവിതത്തിന്റെ നിമിഷങ്ങൾ കൂട്ടിയോജിപ്പിച്ചു വീടുപോലുള്ള ഈ മരത്തെ അല്ലെങ്കിൽ മരമാകുന്ന വീടിനെ ഒരു നീണ്ട ചരിത്രം രചിക്കുന്നു എന്ന കാര്യത്തെ ഇപ്പോഴും നിരസിക്കാനാവില്ല ഏയ് ശ്രദ്ധിച്ച് വിദാസ്ത ശരിയായി കഴിക്കൂ സോറി പപ്പാ പിന്നെ വീട്ടിലെ എല്ലാ പലവ്യഞ്ജനങ്ങളും തീർന്നു ഒപ്പുമില്ല നാളെ രാവിലെ തന്നെ മാർക്കറ്റിൽ പോയി വരണം ഇല്ലെങ്കിൽ ഉപ്പില്ലാത്ത ഭക്ഷണം കഴിക്കേണ്ടി വരും ഒരിക്കൽ ഒരു രാജ്ഞി രാജാവിനേക്കാൾ പ്രിയപ്പെട്ടതായി ഉപ്പിനെ കണക്കാക്കിയില്ലേ അതിനേക്കാളൊക്കെ ഭേദമല്ലേ ഈ സംഭവം ആ റാണിയുടെ രാജാവ് ഒന്നുമല്ലോ നിങ്ങൾ ഒരു വലിയ മരത്തിന്റെ രൂപമാണ് വിദാസ്ത ഇപ്പൊ പോയിക്കിടന്നുറങ്ങിക്കോളൂ ഇല്ല ആദ്യം അച്ഛനും നിന്ന് കഥ കേൾക്കണം തീർച്ചയായും വന്നോളെ ഒരിക്കൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു രാജാവിന് പണവും കുതിരകളും ആനകളും സൈന്യവും വലിയ കൊട്ടാരവും ഉണ്ടായിരുന്നു എന്ന കഥകളാണ് കുട്ടികൾ പണ്ടൊക്കെ കേട്ടിരുന്നത് അച്ഛന് ഓർമ്മയുണ്ടാകും ചിലപ്പോൾ ഒരിക്കൽ രാജു ചോദിച്ചിരുന്നു എൻ്റെ പേര് രാജ്കുമാറാണെങ്കിൽ നിങ്ങളാരാ രാജാവാണോ എന്ന് എനിക്കറിയാം അന്ന് നിങ്ങൾ ഉത്തരം മുട്ടി മാത്രമല്ല ഉള്ളിൻ്റെ ഉള്ളിലൊരു വലിയ വൃക്ഷം പോലെ തലയെടുപ്പോടെ നിന്നു രാജാവല്ലാതിരുന്നിട്ടും രാജ്കുമാറിന് ഒരു രാജാവിൻ്റെ മകൻ്റെ പ്രതീതി നൽകിക്കൊണ്ടിരുന്നു അതിനാൽ അവനും നൂറ്റാണ്ടുകളായി തുടരുന്ന തൻ്റെ പൂർവികരുടെ ഈ നീണ്ട കഥയിൽ അവൻ രാജാവല്ല പകരം രാജാവിൻ്റെ മകനായിരുന്നു എന്ന പ്രതീതി നൽകിക്കൊണ്ടിരുന്നു വിധാസ്ഥ ഉറങ്ങി നീ ഉറങ്ങുക കാന്താ എന്താണ് ആലോചിക്കുന്നത് ഞാൻ ആലോചിക്കുകയാണ് എല്ലാവരും നിശബ്ദരാണ് എന്തുകൊണ്ടാണത് നിലാവിളിച്ചം പോലെ ഈ ഇളം മഞ്ഞ പ്രകാശത്തിൽ വെറും കല്ലുകളുടെ കഥ കല്ലുകളുടെയോ മുങ്ങുക മുക്കുക ഞാൻ ഒന്നും കേൾക്കുന്നില്ല എല്ലായിടത്തും നിശബ്ദത കല്ലുപോലെ നിങ്ങളും ഞാനും മൗനമായി കല്ലുകൾ പോലെ എൻ്റെ ഓരോ ചോദ്യത്തിനും നീ മൗനമായല്ലേ കണ്ടായിരുന്നത് നിങ്ങളുടെ മൗനം സമ്മതമായി ഞാൻ കരുതി ഞാൻ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ എന്തർത്ഥം കൊടുക്കും എന്തുദ്ദേശിക്കും അതെനിക്കറിയില്ല നിങ്ങൾ ചോദിക്കൂ ഞാൻ മറുപടി പറയാം ഒരു ജീവിതത്തിന്റെ നിശബ്ദത കേവലം നെടുവീർപ്പുകളിൽ തകർക്കപ്പെടുന്നില്ല നദി താഴ്വരയുടെ മധ്യത്തിലൂടെ പ്രകൃതിയാ ഒഴുകുന്നത് ഒരു സത്യം തന്നെയാണ് പോപ്പുലർ മരം സാക്ഷിയാണ് ആരെങ്കിലും ആ നദിയെ തടസ്സപ്പെടുത്താൻ ആഗ്രഹിച്ചാൽ താഴ്വരയുടെ ആത്മാവിലൂടെ അതൊഴുകും ഒഴുകിക്കൊണ്ടേയിരിക്കും നദി ആരെയും ദാഹമുള്ളവരായി വയ്ക്കില്ല നദിയുടെ ഒഴുക്ക് ഒരിക്കലും അവസാനിക്കില്ല അതുതന്നെയാണ് കാരണം നിന്നെ അമ്മയായി കരുതുന്ന ആളുകളെ അവർക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്ത വിധം നീ അമ്മയായി തന്നെ കരുതുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ അവൻ തെമ്മാടിയായിട്ടുണ്ട് അവൻ ഏത് വിധത്തിലും നിന്നെ കബളിപ്പിക്കുകയും എല്ലായ്പ്പോഴും നീ അവനോട് പൊറക്കുകയും അല്ലേ എൻ്റെ ഉള്ളിലെ പ്രയാണം നിനക്ക് അംഗീകരിക്കാമെങ്കിൽ എൻ്റെ ഉള്ളിലെ ഏകാന്തതയും നിനക്ക് മനസ്സിലാകും എന്നാൽ നിനക്ക് തീർച്ചയായും പറയാൻ കഴിയും നിന്റെ യാത്ര എവിടെ അവസാനിക്കും ഒപ്പം ഞാൻ എവിടെ തുടങ്ങണം ഹേ പോബ്ലർ വൃക്ഷമേ കുട്ടിക്കാലം മുതൽക്കേ ഞങ്ങളോടൊപ്പം വളരുന്നത് കണ്ടിട്ടുണ്ട് എൻ്റെ ഓരോ വസന്തവും നീരൊഴവുകളും ഞാൻ നിനക്ക് കൈമാറിയിട്ട് ഞാൻ സ്വയം വീണുകൊണ്ടേയിരുന്നു മുത്തശ്ശിക്കഥകളിലെ വെറുപെരു കഥ മാത്രമല്ല നിങ്ങൾ മറിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഓരോ ഘൃതുക്കളുടെയും ഓരോ വാതിൽ ജനലുകളുടെയും ഉമ്മറപ്പടികളുടെയും മുറ്റത്തിൻ്റെയും സുഗന്ധപൂരിതമായ ബന്ധങ്ങളുടെയും ുള്ള നദികളുടെയും സാക്ഷിയാണ് നിങ്ങൾ എൻ്റെ ഉള്ളിൽ നൽകിയ ഈ അടുപ്പത്തിന് എൻ്റെ പൂർവികർക്ക് തങ്ങളുടെ തപസ്സിന്റെ ബലം കൊണ്ട് കൃഷി വര്യന്മാർ ഞാൻ എന്തുത്തരം പറയും ഇന്ന് ഇരുവരുടെയും ശരീരങ്ങൾ ചോരയാണ് കാരണം നിങ്ങൾ ഒരു മനുഷ്യഹാരിയായതുകൊണ്ട് എന്റെ ഉള്ളിൽ നിന്ന് വളരെ ദൂരത്തേക്ക് വരേണ്ടി വന്നു നിങ്ങളിൽ നിന്നും വേറൊട്ട് പോകുന്ന ആ അതിർവരമ്പ് എവിടെ എത്തിയിട്ടും അവസാനിക്കുന്നില്ല വാസ്തവത്തിൽ നമ്മൾ രണ്ടാളുടെയും മണ്ണ് വെവ്വേറെയല്ല അതുകൊണ്ടാണ് കുട്ടിക്കാലം നിങ്ങൾ ഞങ്ങളോടൊപ്പം വളരുന്നത് കണ്ടിട്ടുള്ളത് ഈ മരത്തെ ഞാൻ എപ്പോഴും ഒരു വീട് എന്ന പേരാണ് വളരെ അകലെ വരെ വിരിച്ച ശിഖരങ്ങളോടൊപ്പം ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും പരന്നു കിടക്കുന്ന ചില്ലകളുമായി ബന്ധിപ്പിച്ചു കൊണ്ടിരുന്നു വീടുപോലുള്ള ഈ മരത്തെ അല്ലെങ്കിൽ മരം പോലുള്ള ഈ വീടിനെക്കുറിച്ച് ഒരു നീണ്ട ചരിത്ര സൃഷ്ടി ഇപ്പോൾ നടക്കുന്നു എന്ന കാര്യത്തെ നിഷേധിക്കാനാവില്ല നീ ചിരിക്കുമ്പോഴെല്ലാം എൻ്റെ പോപ്പുലർ മുറിഞ്ഞു തുടങ്ങും ഞാൻ പോപ്പുളർ അല്ലാതെ ഒരു മരുഭൂമിയോ ഇരുട്ടോ അതല്ലെങ്കിൽ നിനക്ക് നിന്റെ പല്ലുകൊണ്ട് എന്തിന് നിന്റെ രൂപം കൊണ്ടുപോലും മുറിക്കാൻ പറ്റാത്ത കടലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമുക്കിടയിലുള്ള ചോദ്യചിഹ്നവും ഇപ്പോൾ ഇതുതന്നെയാണ് നിങ്ങൾ ചിരിക്കുന്നത് നിങ്ങളുടെ പല്ലികൾ വളരെ ഭാരമുള്ളതാണ് അതിനിടയിൽ നിങ്ങളുടെ ഭാഷ പോലും സുരക്ഷിതമല്ല ഇലകൊഴിച്ചില്ലിൻ്റെ ശരത്കാലം വന്നിരിക്കുന്നു ഇപ്പോൾ വന്നു ഈ കാലം തെറ്റിയ കാലത്തിൽ നിങ്ങൾ പുറത്തുവിടുന്ന ശ്വാസത്തിൽ പോലും ദുർഗന്ധം നിങ്ങളുടെ ഈ പല്ലുകളിലൂടെ കടന്നുവരുന്നു ചിനാർ സാക്ഷിയാണ് താഴ്വരയാകെ ചോരയൊലിക്കുന്നു നഗരങ്ങൾ നദികൾ തടാകങ്ങൾ മരങ്ങൾ ചിനാർ എല്ലാം എടുത്തു എന്നിട്ടും എവിടെയൊക്കെയോ പൂക്കളുടെ പണമുണ്ട് ഇതിനെ വേരോടെ പിഴുതെറിയല്ലേ നോക്കൂ അവൻ വാടിയിട്ടില്ല ഇതുവരെ നിശബ്ദതയിലും പുഞ്ചിരിക്കുന്നു ശിഥിലമാകുന്ന നഗരത്തിൻ്റെ വികലമായ വ്യാകരണം അവന് ഇതുവരെ അറിയില്ല അതുകൊണ്ട് തോക്കുകളുടെയും ബോംബാക്രമണങ്ങളുടെയും ഭാഷയെക്കുറിച്ച് അവൻ അറിയില്ല എല്ലാ ഹൃതുക്കളിലും ചിനാറിനെ ചുമ്പിക്കുന്ന ആ പൂവിന്റെ ഭാഷയ്ക്ക് ഇത്തരം വാക്കുകളൊന്നും നൽകരുത് അതിന്റെ ശാഖകളെല്ലാം ഇന്ന് നരഭൂജിയായി മാറിയിരിക്കുന്നു എന്നിട്ടും ഒരു ഭയവുമില്ല നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും നിങ്ങളുടെ ആയുധങ്ങൾ അതിനെ മുറിക്കാൻ കഴിയാത്തതിനാൽ പൂവിന്റെ ഗന്ധം നിലനിൽക്കുമെന്ന് എന്നെ വിശ്വസിക്കൂ നിറകണ്ണുകളോടെ അമ്മ എന്താണ് ആലോചിക്കുന്നത് അമ്മേ അമ്മേ ആളുകളുടെ കണ്ണുകൾ ചുവന്നിരിക്കുന്നു പട്ടണം മുഴുവൻ കത്തിയുന്നു അടുത്തുള്ള വനത്തിലെവിടെയോ തീ പടർന്നിരിക്കുന്നു വീടിന് പുറത്തിറങ്ങിയ ആളുകൾ സങ്കടത്തോടെ നിൽക്കുന്നു പണ്ട് മുതൽക്കേ ഈ വീടുകളിൽ താമസിക്കുന്നവർ ശാപഗ്രസ്ഥരെന്നാണ് അവരുടെ വിചാരം അവർ നഗരം കണ്ടിട്ടില്ല നഗരത്തിലെ ജനങ്ങളോ ജനക്കൂട്ടമോ നീന്തറോഡോ അല്ല അവരുടെ ഭാഷയെ കല്ലാക്കി മാറ്റുന്ന ഭാഷയും കേട്ടിട്ടില്ല ിൽ ഈ മനുഷ്യർ പുരുഷനാണ് അജ്ഞനാണ് മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ കാണുന്നു അവൻ്റെ ഭാഷയിൽ ഒരിടത്തും സൂര്യനിർവചനമില്ല അതുകൊണ്ട് അതുകൊണ്ട് ഓരോ സൂര്യോദയവും അവനുഗ്രമായ അഗ്നിയാണ് രാത്രി അയാൾക്കെവിടെയോ ഇരുട്ടിൻ്റെ കഷണമാണ് അതിനെ അതിനെ അവൻ സ്വയം സുരക്ഷിതമായി പൊതിഞ്ഞ് അടുത്ത തലമുറയ്ക്കായി സൂക്ഷിച്ചുവെക്കുന്നു ഞാൻ ശ്വേതാംബരൻ അവർ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവർക്ക് ഒഴികഴിവുകൾ വേണം അവർ യുദ്ധം ചെയ്യുന്നു ഒഴികഴിവ് എൻ്റെ ബലഹീനതയാണ് എൻ്റെ ജനത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല പ്രിയ സോദര ഞാൻ മരിക്കുമ്പോൾ കരയരുത് മറ്റുള്ളവരുടെ ആഡംബരങ്ങൾ കൊണ്ട് തൻ്റെ ശൂന്യത നിറയ്ക്കുന്ന ഒരു നപുസകൻ മരിച്ചു എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു പറയുക നിങ്ങൾക്കിതിനെ വിധിയെന്നോ നിവർത്തി കേടന്നോ അറിയാവുന്ന എന്തുപോലെയും പറയാം എനിക്കിത്രയേ അറിയൂ ഞാനിത് വിശ്വസിക്കുന്നു എന്റെ ബലഹീനത നശിച്ചാൽ മാത്രമേ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട ഈ യുദ്ധം അവസാനിക്കുകയുള്ളൂ പക്ഷേ സോദര എന്റെ മരണം ഇപ്പോൾ ഉറപ്പിച്ചിട്ടില്ല എന്റെ ജനം യുദ്ധം ചെയ്യുന്നു അവർ വീരയോദ്ധാക്കളാണ് ധീരമായി പോരാടുന്നു മരിക്കുന്നു നഷ്ടപ്പെടുന്നു ഇന്ന് വിജയലഹരിയിലാണ് അവർ യുദ്ധക്കളത്തിൽ നിന്ന് തീർച്ചയായും ഓടും അവർക്കും ബലഹീനതയുണ്ടാകും അശോ എന്തു പറയാൻ വെള്ളക്കൊടി ഇത്രയും വലിയ അപകടമുണ്ടായിട്ടും കൊടിയുടെ നിറം വെള്ളയാണ് യഥാർത്ഥത്തിൽ ആ വലിയ റോഡിൽ അലപോലെ ആളുകളുണ്ടായിരുന്നു ഈ റോഡ് എന്റെ വീടുമായി ലയിച്ചപ്പോൾ നിങ്ങൾ വിത്തുവിതച്ചു എന്റെ വീട് സുരക്ഷിതമാക്കുന്ന കാര്യത്തിൽ നീ തിരക്കു പിടിച്ചു പലതവണ നിങ്ങളെന്നെ നിങ്ങളുടെ പര്യായമാക്കുവാൻ ശ്രമിച്ചു പക്ഷേ ഞാൻ എപ്പോഴും ആ അപകടത്തിനടുത്തുകൂടി കടന്നുപോയി അതെന്റെ വീട്ടിൽ തന്നെ നടന്നിരുന്നു പലപ്പോഴായി നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ പ്രഖ്യാപിക്കുകയും ചെയ്ത റോഡ് നിങ്ങളുടെ മനസാക്ഷിയുമായി ബന്ധപ്പെട്ടതാണെന്നും അവിടെ എന്ത് സംഭവിച്ചാലും അത് തീർച്ചയായും സുവർണ ലിപികളാൽ പേരിടപ്പെടുമെന്നും എന്റെ വീടും നിന്റെ മുഖവും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴാണോ ഒരപകടമായി മാറുന്നത് ആ സമയത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ നാം നീണ്ട ചരിത്രത്തിൻ്റെ എഴുത്തുകാരനായി മാറും നീലാംബര അപ്പോൾ നിങ്ങൾ സമയത്തിനൊപ്പമാണ് നിൽക്കുന്നത് വേണമെങ്കിൽ ആ സമയത്ത് ഏതൊരു ചോദ്യവും ഉണ്ടാകുന്നതിന് മുമ്പ് തിരിച്ചറിവിൻ്റെ ആദ്യ തീപ്പൊരിയെ പെട്ടെന്നാഗിനിയാക്കി മാറ്റാമായിരുന്നു സമയത്ത് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ സമയത്ത് ഞങ്ങൾ ഈ തീയിൽ വെന്തുരുകില്ലായിരുന്നു നിങ്ങളുടെ ആഗ്രഹത്തിനും ആഗ്രഹമില്ലായ്മയ്ക്കും ഫലമായി ഇന്നത്തെ ആദ്യ തീപ്പൊരിയെ തീ നാളമാക്കാനുള്ള പരിശ്രമത്തിനായി നമ്മുടെ നമ്മുടെ രാജ്യത്തിനായി ഓടുന്നത് കാണാം ആ സമയത്ത് ആദ്യത്തെ തീപ്പൊരിയിൽ നിന്ന് നിങ്ങൾ അകലെയായിരുന്നില്ല ഇതിനായി നിങ്ങൾക്ക് രാജ്യമോ ഭൂമിശാസ്ത്രമോ ആവശ്യമില്ല എന്നിട്ടും നിങ്ങൾ ഭൂമി കടമായി തന്നെ പങ്കിട്ടിരുന്നു സത്യമാണ് ജയിക്കുന്നത് തെളിയിക്കുന്നതിന് പാരമ്പര്യമായി നമുക്ക് ലഭിച്ച ഒന്ന് പലായനത്തിനു വേണ്ടിയുള്ള ഓട്ടം എന്നിട്ടും നിങ്ങളുടെ ആ തീപ്പൊരി ഉണ്ടായിരുന്നു ആ സമയം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അതിന് തീയുടെ അഗ്നിയുടെ പരിവേഷം നൽകാനാകുമായിരുന്നു അതിന് കുറച്ച് ശബ്ദം നൽകാൻ അർത്ഥം നൽകാൻ സ്വന്തം തുളസിയിൽ നിന്ന് തന്നെ കടം വാങ്ങിയേനെ നമ്മുടെ കബീറിനോട് ചോദിക്കാമായിരുന്നു പക്ഷേ നീ നിശബ്ദമായിരുന്നു ഞങ്ങൾ ഓടിക്കൊണ്ടേയിരുന്നു ഇന്നും സത്യത്തിൻ്റെ അന്വേഷണത്തിനായി കയ്യിൽ ദീപശിഖയുമായി നാം ഓടിക്കൊണ്ടിരിക്കുന്നു സ്വന്തം നാട്ടിൽ സ്വന്തം നാടിനെ അന്വേഷിച്ച് ശേതാംബര എൻ്റെ പ്രതിരൂപമെന്നല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ അത്യാവശ്യമായിരിക്കുന്നു അതെ അത്യാവശ്യമായിരുന്നു പ്രകാശത്തിൻ്റെ സത്യം അറിയേണ്ടത് ആവശ്യമാണ് ഇതേ കാരണത്താൽ സുഗന്ധവും വെടിമരുന്നിൻ്റെ ഗന്ധവും അറിയാൻ കഴിയും ആൾക്കൂട്ടത്തിന് മുഖവും വ്യക്തിത്വവും നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാവശ്യമുള്ള മുഖം തിരിച്ചറിയുക ഇത്തവണ ഈ ജനലുകൾ തുറക്കുക പുറത്ത് കാത്തു നിൽക്കുന്ന സുഗന്ധം നിങ്ങളുടെ ശരീരത്തെ മറികടക്കും പിന്നെ ഒരു കാരണവശാലും ഒരായുധത്തിനും നിങ്ങളുടെ ശരീരത്തിനെയോ അതിൻ്റെ ഭൂപടത്തെയോ മുറിക്കാൻ കഴിയില്ല പിന്നെ നിങ്ങൾക്ക് തോക്കിൻ്റെ ഭാഷ സംസാരിക്കാൻ കഴിയും പിന്നെ സ്ഫോടനം തന്നെ സ്ഫോടനം ശരൽക്കാലത്തിൽ ക്ഷതമേറ്റവനെപ്പോലെ ചിനാർ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ആ കൂർത്ത ബൂട്ട് ചവിട്ടി അരച്ചതുപോലെ പിന്നീട് ഓരോ തവണയും ഇരുട്ടിൻ്റെ നടുവിൽ ഒരു നനഞ്ഞ മുറിവ് വേദനയുടെ കടലുണ്ടാക്കിക്കൊണ്ടേയിരുന്നു ഇപ്പോൾ മുറിവുകളുടെ പരമ്പര രാത്രിയുടെ നിർവചനം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ഓരോ തവണയും ഉറങ്ങുന്ന രാത്രി എല്ലാ ഇരുട്ടിലും ഇത് സംഭവിക്കുന്നു പക്ഷേ എല്ലാ ഇരുട്ടും രാത്രിയാകണമെന്നില്ല രാത്രി വാസ്തവമായി ഒന്നാണെങ്കിൽ ഇരുട്ട് ജീവിതചരിത്രത്തെ ഒന്നടങ്കം വിഴുങ്ങുന്നു ഉദിച്ചുവരുന്ന ചുവന്ന സൂര്യനെ കൂർത്ത ബോട്ടുകളുടെ ശബ്ദം കൊണ്ട് നിരപരാധിയായ കരഭാഷ കൊണ്ട് ശരത്കാലത്തിൻ്റെ മാതൃകയാക്കുന്നു ആവർത്തിച്ച ഈ ക്യാൻസർ തൻ്റെ മനസ്സിൽ വളർത്താൻ വിസമ്മതിക്കുന്നു അതായത് താൻ ഒരു യാചകന്റെ ഛർദിയാണെന്ന് പരിഷ്കൃതരായ ആൾക്കാരുടെ എച്ചിൽ ഭക്ഷിച്ചാണ് ജനിച്ചതെന്ന് അതുകൊണ്ട് എല്ലാ പേരും അവരവരുടെ വീടുകളിൽ കരഘോഷം മുഴക്കുന്നു മാനവജാതിയുടെ ശുദ്ധമായ വളർച്ചയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെയുള്ള ചരിത്രകാരന്മാരുണ്ട് പക്ഷേ അവരുടെ രചനകളൊന്നും ഒരു കാരണവശാലും സമൂഹം സ്വീകരിക്കാറില്ല ഞാൻ എൻ്റെ മുഷ്ടി കൊണ്ട് ഏറെ ദൂരമെത്താറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയും സംഭവിക്കാറുണ്ട് എൻ്റെ കൂർത്ത നീണ്ട നഖം കൊണ്ട് തറയിൽ എഴുതാറുമുണ്ട് ജീവനോടുണ്ട് ഇപ്പോഴും സുരക്ഷിതനാണ് ഈ വിപ്ലവം എൻ്റെ സിരകളിലുണ്ട് എത്ര നാൾ എൻ്റെ കൈകൾ മുറിച്ചുകൊണ്ടിരിക്കും ഏതുവരെ ഞാൻ ചോരയിൽ കുളിക്കണം എൻ്റെ തലച്ചോറിൽ നിന്ന് തുടങ്ങിയതാണ് അവസാനം നിനക്ക് ഇനി എന്താണ് വേണ്ടത് ഇത്തവണയും കൊല്ലപ്പെടുന്നത് ഞാനല്ല മരിക്കുകയാണെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ ആത്മഹത്യ ചെയ്യില്ല പക്ഷേ കത്തിച്ചാമ്പരാകും കവിതയുടെ തീയിൽ തന്നെ ഞാൻ എടുത്തുചാടും ഇനിയും കൊല്ലപ്പെടുന്നത് വെറുതെ സഹിക്കില്ല അതും എന്റെ ഒപ്പം കവിതയില്ലാത്തപ്പോൾ തീർച്ചയായും എന്നെ അവസാനിപ്പിക്കേണ്ടി വന്നാൽ എന്റെ കവിതയുടെ തീയിൽ താളത്തിൽ വാക്കിലും അർത്ഥത്തിലും ഞാൻ സ്വയം ഏരിയയും എന്റെ കവിത പൂർണമായും എന്റേതായി തീരുമ്പോൾ ഞാൻ സ്വയം തീയില്ല വരും ഒടുവിൽ നിനക്കെന്ത് വേണം എന്ത് വേണം നിനക്കൊടുവിൽ എൻ്റെ അഭാവത്തിൽ ഞാൻ മരിച്ച ചരിത്രത്തിൻ്റെ താൾ മണ്ണിൽ കുഴിച്ചു ഞാൻ ചരിത്രമില്ലാത്തവനല്ല പക്ഷേ ഒരു ചരിത്രവും എന്നെ അംഗീകരിക്കാൻ തയ്യാറല്ല ഏതെങ്കിലും സംഭവവുമായി കൂട്ടിക്കിഴച്ച് എനിക്ക് തകരാൻ കഴിയും പക്ഷേ ചുറ്റിലുമുള്ള നിയന്ത്രണാതീതമല്ലാത്ത വശങ്ങളിലെ കനായാസം ചിതറപ്പെടുന്നത് ഒരു ചരിത്രമായി മാറിയിരിക്കുന്നു ഏതൊരു നിമിഷം ചിലപ്പോൾ എന്തെങ്കിലും എടുത്തു കൊണ്ടുപോകണമെങ്കിൽ ചിലപ്പോൾ ചിലത് തന്നിട്ടു പോകും ചിനാറുകളുടെ സുഗന്ധം തിരികെ ലഭിക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ പുതിയ പറക്കലിന് ഇനി പുതിയ ആകാശം കിട്ടുമോ ഒരു ഒരു അല്ലേ ഞാൻ ശ്വേതാംബരൻ ഏകാന്തതയോട് ചോദിച്ചും പറഞ്ഞും കണ്ണുകൾ ക്ഷീണിച്ചു എന്തുകൊണ്ടാണ് ആ വിദൂരവാദികളിൽ നിന്നും ഒരു കത്തുപോലും വരാത്തത് പർവ്വതങ്ങളിൽ നിന്ന് അവർക്ക് എന്തറിയാം ഭീകരതയുടെയും ഹിംസയുടെയും നിഷ്കളങ്കമായ മുഖങ്ങളുടെ വാക്കുകൾ പോലും മാഞ്ഞുപോയി അതുകൊണ്ടാണ് രക്തം പുരണ്ട നഗരത്തിൽ ഒരൊപ്പുപോലും കാണാത്തത് നഷ്ടപ്പെട്ടു പോയത് നദിയുടെ മടിത്തട്ടിൽ നദിയുടെ സ്വത്വം ഇപ്പോൾ താഴ്വരയുടെ ഉൾഭാഗത്തും കൃഷിയിടങ്ങളിലും കുങ്കുമപ്പാടങ്ങളിലും ഇതെങ്ങനെ കണ്ടെത്തും ഈ ചോദ്യങ്ങളുടെ ഉത്തരം വേണം ഇന്ന് ഈ നഗരത്തിന്റെ പുഞ്ചിരി ഗൂഢാലോചനയ്ക്കിരയായതു മുതൽ ഉറങ്ങാതെ തളർന്ന കണ്ണുകൾ കൊല്ലപ്പെട്ടു വൃദ്ധയായ അമ്മയുടെ കണ്ണുകൾ എന്തുകൊണ്ട് നനഞ്ഞില്ല ശവങ്ങളുടെ നഗരം പകരം ലഭിച്ചപ്പോൾ അവൾ എന്തിനെയാണ് ജനിപ്പിച്ചത് നഗരത്തിന്റെ കവലയിൽ വന്ന് വൃദ്ധയായ അമ്മ അതേ ചോദ്യം ചോദിക്കുന്നു നിനക്ക് പരിമളമായി നൽകിയ ജന്മത്തിന് എനിക്ക് പ്രതിഫലം കിട്ടിയത് വെറും കൊടുങ്കാറ്റോ ചീനാർ മരങ്ങളുടെ വിധിയിൽ ഇതാണോ എഴുതിയത് നിങ്ങൾ ഏത് വാതിലും ജനലുകളും അവിടെ നിന്ന് രക്തരൂക്ഷിതമായൊരു ജനക്കൂട്ടം മാത്രമേ വരൂ അതിൻ്റെ ഫലം നിങ്ങളായിരിക്കും ഇപ്പോൾ കുറച്ച് നിശബ്ദത അവശേഷിക്കുന്നു നിങ്ങൾ ഇറങ്ങി വരൂ ഏകാന്തതയിൽ നിന്ന് സ്വന്തം പുഞ്ചിരി വീണ്ടെടുക്കൂ പ്രകൃതിയെ മാറ്റുന്നത് നൂറ്റാണ്ടുകളുടെ ചരിത്രം മയ്ക്കുന്നില്ല നിശബ്ദതയോടെ നിങ്ങൾ ഇന്ന് എഴുതുന്ന വേദഗ്രന്ഥം ഒരു ആറ്റം ബോംബിൽ കുറവായിരിക്കില്ല ഈ മൗനം എന്ന വാക്ക് മറക്കുമ്പോൾ എല്ലാ പ്രകാശങ്ങളുടെയും വ്യാകരണവും പിന്നെ എല്ലായിടത്തേക്കും ചലിക്കുന്ന നിഴലുകളും മാത്രം ദൃശ്യമാകും അതുകൊണ്ടാണ് ഇപ്പോൾ അത് ആവശ്യമായി വന്നത് നിങ്ങളുടെ പക്കൽ ഇനി എന്തു മൗനമാണ് അവശേഷിക്കുന്നത് അതിനെ എവിടേക്കെങ്കിലും എറിഞ്ഞിട്ട് വരൂ പോക്കറ്റുകൾ കാലിയാക്കി കൊണ്ടുവരൂ ഇനിയും എഴുതപ്പെടേണ്ട അനേകം ചരിത്രങ്ങൾ നിരവധി ജനന തീയതികൾ ഞാൻ ആ പോക്കറ്റുകൾ നിറയ്ക്കും മക്കളെ നമ്മളെപ്പോൾ നമ്മുടെ വീട്ടിൽ പോകും എപ്പോൾ പോകും നമ്മുടെ വീട്ടിൽ മോനെ എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും ഞാൻ അവിടെ കിടന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് എൻ്റെ വീടിൻ്റെ മുറ്റം ഇപ്പോൾ എങ്ങനെയായിരിക്കും തുളസി ഉണങ്ങിയിട്ടുണ്ടാകും ഗ്രാമത്തിലെ ശിവക്ഷേത്രം എങ്ങനെയായിരിക്കും പോകും എന്നെ ആ മണ്ണിൻ്റെ മണം ഫേർ പൂട്ടിക്കുന്നു മോനെ പറഞ്ഞു നമ്മളെപ്പോൾ പോകും അമ്മേ നമ്മൾ നമ്മുടെ വീട് വിട്ടു വന്നതല്ലേ ഇന്ന് എവിടെയാ ഏത് വീതിയിലായിരിക്കും ജനപത്തിലാണോ രാജപഥിലാണോ അമ്മേ വീട് വിട്ടു വന്നപ്പോൾ മറന്നുപോയ ആ ചെറിയ തീ ചിലപ്പോ ചിലപ്പോ അത് കെട്ടുകാണില്ല അമ്മ വീട് വിട്ടുവന്നപ്പോ നമ്മൾ നമ്മുടെ നദിയെ മറന്നു പോന്നു ഇപ്പോൾ അവിടെ ആ നദി എങ്ങനെ ഒഴുകുന്നുണ്ടാകും നമ്മുടെ വിരഹം എങ്ങനെ സഹിക്കുന്നുണ്ടാവും അമ്മേ എനിക്ക് എനിക്ക് ആ നദി മറക്കാനാവില്ല നമ്മൾ മടങ്ങി ചെല്ലുമ്പോൾ നദി നദി ഉണങ്ങിപ്പോയിട്ടുണ്ടാവുമോ ഞാൻ എൻ്റെ കണ്ണുനീർ ഒഴുക്കുകൊണ്ട് നദിയെ ഉണങ്ങാൻ അനുവദിക്കില്ലമ്മേ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം ആ നദിയെ ജീവനോടെ തന്നെ ഒഴുകാൻ വിടാം അമ്മേ ആ നദി യുഗങ്ങളോളം ജീവനോടെ ഒഴുകുന്നത് എനിക്ക് കാണണം ചില ഒറ്റപ്പെടലുകൾ ഒറ്റപ്പെടലുകൾ തന്നെയാണ് ചില ഒറ്റപ്പെടലുകൾ ധാരാളം ഉണ്ടാകും ചിലർ സമരത്തിലും ഒറ്റപ്പെട്ട് കടന്നു പോകും ചിലർ ഒറ്റയ്ക്കാണെങ്കിലും ജാഥയിലെന്നപോലെ കടന്നുപോകും ചിലർ ഒറ്റയ്ക്ക് മുഖം കാണിക്കലായിരിക്കും എന്നാൽ മറ്റു ചിലർ ഒറ്റയ്ക്ക് മുഖം മറ്റൊന്നാക്കി കടന്നു കൂടും ഇനി ചിലർ ചെമ്മരിയാടിന്റെ തോലിട്ട് കാട്ടിലെന്നപോലെ സഞ്ചരിക്കുന്നു ചിലർ മാത്രം മതി ലോകത്തിനാകെ ഇനി ചിലർ ഒറ്റയ്ക്ക് ലോകത്തെ മുഴുവൻ തങ്ങളിൽ ആവാഹിക്കുന്നു ചിനാറുകളോട് ചോദിക്കുകയാണെങ്കിൽ ആ മുറ്റവും ആ തെരുവും എല്ലാം വിജനമായിരിക്കുന്നു കളഞ്ഞു വന്നതല്ലേ അമ്മേ അവിടെ ആ കെട്ടിടത്തിൽ ഇപ്പോഴവിടെ വെറും തേങ്ങലകൾക്കൊപ്പം ശൂന്യ തെയ്യും ഡോക്ടർ ഉപേന്ദ്രനാഥ് റയനയുടെ കവിതകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നാടകം ചിന്നാർ സാക്ഷിയാണ് ഇവിടെ പൂർണ്ണമാകുന്നു രചന യോഗേഷ് ത്രിപാഠി மலையாளபாஷ் சுதா சந்தோஷ் கதாபாத்திரங்களும் நியவ் நியூஸ் ரீடர் புருஷன் வினுராஜ் ஆட்டிங்கல் நியூஸ் ரீடர் ஸ்ரீ ஷஜி தேவி நேலாம்பரன் வேணு கணியாரேத்துவேதாம்பரன் அஜித் குமார் எம்பி அச்சன் ஷியாம் சயம் ബാലനായ നീലാംബരൻ അനീഷ് പി നായർ പ്രായമായ അമ്മ സൗദാമിനി കാന്ത വിജയ് രഞ്ജിത്ത് വിദാസ്ഥ വിജയലക്ഷ്മി യുവതിയായ അമ്മ രമ്യ രാംകുമാർ നാടക സംവിധാനം വി എസ് ഉണ്ണികൃഷ്ണൻ സംവിധാന സഹായം സുഷമ ബിജു കല്ലുവാതുക്കൽ അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം